യൂണിറ്റ് ഇലവൻ ലെസൺ ഫോർട്ടി ത്രീ ലിസൻ ഉള്ളി തുറന്നു അച്ഛൻ ഇന്നെല്ലാം കൊണ്ടുവരും കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ മിനിഞ്ഞാന്ന് പിന്നെ അച്ഛനെ ഓർമ്മിപ്പിച്ചിട്ടും ഫലമൊന്നുമില്ല ഇന്നലെയും അച്ഛൻ വെറുതെ വന്നു ഇന്നല്ലേ മോനേ അച്ഛന് ശമ്പളം കിട്ടു ശമ്പളം കിട്ടാതെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒക്കുമോ എത്ര പറഞ്ഞിട്ടും നീ മിണ്ടാതിരിക്കുന്നില്ലല്ലോ ഇന്നും കൂടെ നോക്ക് അച്ഛൻ തീർച്ചയായും എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല എന്തെങ്കിലും അല്ലമ്മ എന്റെ ലിസ്റ്റിൽ ഒന്നും വിടാതെ വാങ്ങണം പുസ്തകങ്ങളും കുടയും ചെരുപ്പും പെട്ടിയും ഒക്കെ വേണം മേശയും കസേരയും കട്ടിലും കിടക്കയും ഒന്നും വേണ്ടേ അമ്മക്ക് ഞങ്ങളുടെ വല്ല പ്രയാസവും അറിയാമോ സ്കൂളിലെങ്ങനെ പോകും അത്രയും പുസ്തകങ്ങൾ കയ്യിൽ വയ്ക്കാൻ പറ്റുമോ എല്ലാ പുസ്തകങ്ങളും എന്നും കൊണ്ടുപോണോ എല്ലാം വേണ്ട ദിവസവും ആറ് പീരീഡേ ഉള്ളൂ പക്ഷെ അതിന്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും അതല്ലാതെ പിന്നെ രണ്ടു മൂന്ന് ഗൃഹപാഠ പുസ്തകങ്ങളും കാണും കൂടാതെ പലവക നോട്ട് ബുക്ക് ചോറ്റുപാത്രം അങ്ങനെ എന്തൊക്കെയുണ്ട് ശരി ശരി സമ്മതിച്ചു പക്ഷേ പുതിയ ചെറുപ്പം ഇപ്പോൾ തന്നെ വേണോ നിനക്ക് ഷൂസ് അതോ അതും കളഞ്ഞോ ഈ മഴക്കാലത്ത് ഷൂസ് ഇടാൻ പറ്റില്ല അത് ചീത്തയാവും പിന്നെ ചെരുപ്പെങ്കിലും ഇടാതെ എങ്ങനെ പോവും എന്റെ ക്ലാസ്സിൽ ചെരുപ്പില്ലാതെ ആരും വരില്ല ഇതൊക്കെ നീ ആ ലിസ്റ്റിൽ എഴുതിയോ ഒക്കെ എഴുതി പോരാതെ ക്രാഫ്റ്റ് പേപ്പറും പശയും കത്രികയും പുതിയ പുസ്തകങ്ങൾ പൊതിയാൻ ബ്രൗൺ പേപ്പറും ഒക്കെ വേണം അതൊക്കെ ആ ലിസ്റ്റിൽ അച്ഛൻ എന്തൊക്കെ വാങ്ങിക്കൊണ്ടുവരുമോ മോനൊന്ന് കരയാതിരിക്കൂ മോനൊന്നു കരയാതിരിക്കൂ അച്ഛൻ ഇന്നെല്ലാം കൊണ്ടുവരും അച്ഛൻ ഇന്നെല്ലാം കൊണ്ടുവരും ഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ മിനിഞ്ഞാന്ന് പിന്നെ അച്ഛനെ ഓർമ്മിപ്പിച്ചിട്ടും ഫലമൊന്നുമില്ല മിനിഞ്ഞാണ് പിന്നെ അച്ഛനെ ഓർമ്മിപ്പിച്ചിട്ടും ഫലമൊന്നുമില്ല ഇന്നലെയും ഇന്നലെയും അച്ഛൻ വെറുതെ വന്നു ഇന്നല്ലേ മോനെ അച്ഛന് ശമ്പളം കിട്ടൂ ഇന്നല്ലേ മോനേ അച്ഛന് ശമ്പളം കിട്ടൂ ശമ്പളം കിട്ടാതെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒക്കുമോ ശമ്പളം കിട്ടാതെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒക്കുമോ എത്ര പറഞ്ഞിട്ടും നീ മിണ്ടാതെ ഇരിക്കുന്നില്ലല്ലോ എത്ര പറഞ്ഞിട്ടും നീ മിണ്ടാതിരിക്കുന്നില്ലല്ലോ ഇന്നും കൂടെ നോക്ക് ഇന്നും കൂടെ നോക്ക് അച്ഛൻ തീർച്ചയായും എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല അച്ഛൻ തീർച്ചയായും എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല എന്തെങ്കിലും അല്ലമാ എന്റെ ലിസ്റ്റിൽ ഒന്നും വിടാതെ വാങ്ങണം എന്തെങ്കിലുമല്ലമ്മ എൻറെ ലിസ്റ്റിൽ ഒന്നും വിടാതെ വാങ്ങണം പുസ്തകങ്ങളും കുടയും ചെരുപ്പും പെട്ടിയും ഒക്കെ വേണം പുസ്തകങ്ങളും കുടയും ചെരുപ്പും പെട്ടിയും ഒക്കെ വേണം മേശയും കസേരയും കട്ടിലും കിടക്കയും ഒന്നും വേണ്ടേ മേശയും കസേരയും കട്ടിലും കിടക്കയും ഒന്നും വേണ്ടേ അമ്മക്ക് ഞങ്ങളുടെ വല്ല പ്രയാസവും അറിയാമോ അമ്മയ്ക്ക് ഞങ്ങളുടെ വല്ല പ്രയാസവും അറിയാമോ ട്രങ്ക് എടുക്കാതെ സ്കൂളിൽ എങ്ങനെ പോകും ട്രങ്ക് എടുക്കാതെ സ്കൂളിൽ എങ്ങനെ പോകും അത്രയും പുസ്തകങ്ങൾ കയ്യിൽ വയ്ക്കാൻ പറ്റുമോ അത്രയും പുസ്തകങ്ങൾ കയ്യിൽ വെക്കാൻ പറ്റുമോ എല്ലാ പുസ്തകങ്ങളും എന്നും കൊണ്ടുപോണോ എല്ലാ പുസ്തകങ്ങളും എന്നും കൊണ്ടുപോണോ എല്ലാം വേണ്ട എല്ലാം വേണ്ട ദിവസവും ആറ് പീരീഡേ ഉള്ളൂ ദിവസവും ആറ് പിരിടേ ഉള്ളൂ പക്ഷേ അതിന്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും വേണ്ടേ പക്ഷേ അതിന്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കും നോട്ട് വേണ്ടേ അതല്ലാതെ പിന്നെ രണ്ടു മൂന്ന് ഗൃഹപാഠ പുസ്തകങ്ങളും കാണാം അതല്ലാതെ പിന്നെ രണ്ട് മൂന്ന് ഗൃഹപാഠ പുസ്തകങ്ങളും കാണും കൂടാതെ പലവക നോട്ട് കൂടാതെ പലവക നോട്ട് ചോറ്റുപാത്രം അങ്ങനെ എന്തൊക്കെയുണ്ട് ശരി ശരി സമ്മതിച്ചു ശരി ശരി സമ്മതിച്ചു പക്ഷെ പുതിയ ചെരുപ്പും ഇപ്പോ തന്നെ വേണോ പക്ഷേ പുതിയ ചെരുപ്പും ഇപ്പൊ തന്നെ വേണോ നിനക്ക് ഷൂസ് ഉണ്ടല്ലോ നിനക്ക് ഷൂസ് ഉണ്ടല്ലോ അതോ അതും കളഞ്ഞോ അതോ അതും കളഞ്ഞോ ഈ മഴക്കാലത്ത് ഷൂസ് ഇടാൻ പറ്റില്ല ഈ മഴക്കാലത്ത് ഷൂസ് ഇടാൻ പറ്റില്ല അത് ചീത്തയാവും അത് ചീത്തയാവും പിന്നെ ചെരുപ്പെങ്കിലും ഇടാതെ എങ്ങനെ പോവും പിന്നെ ചെരുപ്പെങ്കിലും ഇടാതെ എങ്ങനെ പോവും എന്റെ ക്ലാസ്സിൽ ചെരുപ്പില്ലാതെ ആരും വരില്ല എൻറെ ക്ലാസ്സിൽ ചെരുപ്പില്ലാതെ ആരും വരില്ല ഇതൊക്കെ നീ ആ ലിസ്റ്റിൽ എഴുതിയോ ഇതൊക്കെ നീ ഒക്കെ എഴുതി പോരാതെ ക്രാഫ്റ്റ് പേപ്പറും പശയും കത്രികയും പോരാതെ ക്രാഫ്റ്റ് പേപ്പറും പശയും കത്രികയും പുതിയ പുസ്തകങ്ങൾ പൊതിയാൻ ബ്രൗൺ പേപ്പറും ഒക്കെ വേണം പുതിയ പുസ്തകങ്ങൾ പൊതിയാൻ ബ്രൗൺ പേപ്പറും ഒക്കെ വേണം അതൊക്കെ ആ ലിസ്റ്റിലുണ്ട് അതൊക്കെ ആ ലിസ്റ്റിലുണ്ട് അച്ഛൻ എന്തൊക്കെ വാങ്ങിക്കൊണ്ടുവരുമോ എന്തോ അച്ഛൻ എന്തൊക്കെ വാങ്ങിക്കൊണ്ടുവരുമോ എന്തോ ഡ്രിൽ ിൽ നീ വർത്തനം പറയാതെ പറയാതെ ആ കാര്യത്തെ പറ്റി വിചാരിക്കാതെ നീ ആ കാര്യത്തെ പറ്റി ഇരിക്ക നിങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ഇരിക്കൂ നിങ്ങൾ ശബ്ദമുണ്ടാക്കാതെ നിങ്ങൾ ആ കാപ്പി കുടിക്കാതെ നിങ്ങൾ ആ കാപ്പി കുടിക്കാതെ ഇരിക്കൂ അവർ ആഹാരം കഴിക്കാതെ എങ്ങനെ ജീവിക്കട്ടെ അവർ ആഹാരം കഴിക്കാതെ എങ്ങനെ ജീവിക്കട്ടെ നിങ്ങൾ ആരെയും പറ്റിക്കാതെ സ്വന്തം ജോലി നോക്കണം നിങ്ങൾ ആരെയും പറ്റിക്കാതെ സ്വന്തം ജോലി നോക്കണം ശമ്പളം കിട്ടാതെ ഞാൻ എങ്ങനെ നാട്ടിൽ പോകും ശമ്പളം കിട്ടാതെ ഞാൻ എങ്ങനെ നാട്ടിൽ പോകും ബാബു പുസ്തകങ്ങൾ എടുക്കാതെ സ്കൂളിൽ പോകുന്നു ബാബു പുസ്തകങ്ങൾ എടുക്കാതെ സ്കൂളിൽ പോകുന്നു അച്ഛൻ അതൊക്കെ കൊണ്ടുവരാതെ അച്ഛൻ അതൊക്കെ കൊണ്ടുവരാതെ അവൻ കള്ളം പറയാതെ ഇരിക്കില്ല അവൻ കള്ളം പറയാതിരിക്കില്ല അവനല്ലാതെ അത് ചെയ്യില്ല അവനല്ലാതെ വേറെ ആരും അത് ചെയ്യില്ല ആ സാരിയല്ലാതെ അവൾക്ക് മറ്റൊന്നും വേണ്ട ആ സാരിയല്ലാതെ അവൾക്ക് മറ്റൊന്നും വേണ്ട പണം ഇല്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നു പണമില്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നു ആഹാരമില്ലാതെ അവരൊക്കെ ആഹാരമില്ലാതെ അവരൊക്കെ ചാകുന്നു ബിൽഡപ് ഡ്രിൽ മോഡൽ ചെയ്യാതെ ഒന്നും ചെയ്യാതെ ഇരിക്കണോ അഞ്ചുമണിവരെ ഞാൻ വൈകുന്നേരം അഞ്ചുമണിവരെ ഒന്നും ചെയ്യാതെ നൗ ഫോളോ ദോഡൽ വിട്ടു വീട് വീടുവിട്ടു പറയാതെ പറയാതെ വീട് വിട്ടു ആരോടും ആരോടും പറയാതെ വീടുവിട്ടു അവൻ അവൻ ആരോടും പറയാതെ രാവിലെ അവൻ ആരോടും പറയാതെ വീട് വിട്ടു ഒരു ദിവസം ഒരു ദിവസം രാവിലെ അവൻ ആരോടും പറയാതെ വീട് വിട്ടു വന്നു തിരിച്ചു വന്നു കയറാതെ തിരിച്ചു വന്നു അകത്ത് െ തിരിച്ചു വന്നു പോയിട്ടും പോയിട്ടും അകത്തു കയറാതെ തിരിച്ചു വന്നു ഗേറ്റ് വരെ ഗേറ്റ് വരെ പോയിട്ടും അകത്തു കയറാതെ തിരിച്ചു വന്നു ആ വീട്ടിന്റെ ഗേറ്റ് വരെ പോയിട്ടും അകത്തു കയറാതെ തിരിച്ചുവന്നു അവൻ അവൻ ആ വീട്ടിന്റെ ഗേറ്റ് വരെ പോയിട്ടും അകത്തു കയറാതെ തിരിച്ചു വന്നു സംസാരിക്കും എങ്ങനെ എങ്ങനെ സംസാരിക്കും അവളോട് അവളോട് എങ്ങനെ സംസാരിക്കും ഞാൻ ഞാൻ അവളോട് എങ്ങനെ സംസാരിക്കും എന്നോട് മിണ്ടാതെ എന്നോട് മിണ്ടാതെ ഞാൻ അവളോട് എങ്ങനെ സംസാരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ കുട്ടികളെ ഒന്ന് സംസാരിക്കാതിരിക്കൂ മിണ്ടാതെ കുട്ടികളെ ഒന്ന് മിണ്ടാതിരിക്കൂ വർത്തമാനം പറയാതെ കുട്ടികളെ ഒന്ന് വർത്തമാനം പറയാതിരിക്കൂ ബഹളം െ കുട്ടികളെ ഒന്ന് ബഹളം കൂടാതെ ഇരിക്കൂ നല്ല കുട്ടികൾ സാഠ്യം പിടിക്കാതെ ഇരിക്കണം കരയാതെ ൾ കരയാതിരിക്കണം നല്ല കുട്ടികൾ മിണ്ടാതിരിക്കണം അമ്മയോട് പറയാതെ അവൻ നാടുവിട്ടു ചോദിക്കാതെ അമ്മയോട് ചോദിക്കാതെ അവൻ നാട് വിട്ടു അമ്മയോട് മിണ്ടാതെ അവൻ നാട് വിട്ടു ആരെയും അറിയിക്കാതെ അവൻ ആ ജോലി ചെയ്തു ഉപദ്രവിക്കാതെ ആരെയും ഉപദ്രവിക്കാതെ അവൻ ആ ജോലി ചെയ്തു ശല്യപ്പെടുത്താതെ ആരെയും ശല്യപ്പെടുത്താതെ അവൻ ആ ജോലി ചെയ്തു ശമ്പളം കിട്ടാതെ സാധനങ്ങൾ എങ്ങനെ വാങ്ങും വാങ്ങാതെ ശമ്പളം വാങ്ങാതെ സാധനങ്ങൾ എങ്ങനെ വാങ്ങും ശമ്പളം ഇല്ലാതെ സാധനങ്ങൾ എങ്ങനെ വാങ്ങും ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ ബാബു ഗൃഹപാഠം എഴുതിയിട്ട് വരുന്നു ബാബു ഴുതാതെ വരുന്നു നൗ ദൽ അയാൾ ശമ്പളം വാങ്ങിയിട്ട് വീട്ടിൽ പോയി അയാൾ ശമ്പളം വാങ്ങാതെ വീട്ടിൽ പോയി അദ്ദേഹത്തിനെ കണ്ടിട്ടവൻ തിരിച്ചു വന്നു അദ്ദേഹത്തിനെ കാണാതെ അവൻ തിരിച്ചുവന്നു എല്ലായിടത്തും പോയിട്ട് വേഗം വരണം എല്ലായിടത്തും പോകാതെ വേഗം വരണം നീ പറഞ്ഞിട്ട് ഞാൻ പോയി നീ െ ഞാൻ ഇട്ടിട്ട് വേണു കളിക്കാൻ പോയി അയാൾ കവിത എഴുതി സമ്മാനം വാങ്ങിച്ചു അയാൾ കവിത എഴുതാതെ സമ്മാനം വാങ്ങിച്ചു പണം കളഞ്ഞിട്ട് അവൾ ഇവിടെ എത്തി പണം കളയാതെ അവൾ ഇവിടെ എത്തിമെന്റ് ഡ്രിൽ മോഡൽ വൺ അവൾ വരാതെ ഇരിക്കില്ല അവൾ വരും നൗ ഫോളോ ദോഡൽ കുട്ടി കരയാതെയിരിക്കില്ല അവൻ മിണ്ടാതെ ഇരിക്കില്ല അവൻ മിണ്ടും അവൾ പറയാതെ ഇരിക്കില്ല അവൾ പറയും അവർ ചിരിക്കാതെ ഇരിക്കില്ല അവർ അവർ പാത്രം കഴുകാതെ ഇരിക്കില്ല അവർ പാത്രം കഴുകും മോഡൽ ടു അവർ പുസ്തകം എടുക്കാതെ അവർ പുസ്തകം എടുത്തു നൗ ഫോളോ അച്ഛൻ പന്തും പേനയും കൊണ്ടുവരാതെ അച്ഛൻ പന്തും പേനയും കൊണ്ടുവന്നു അച്ഛൻ എടുക്കാതെ ഇരുന്നില്ല അച്ഛൻ കൂടയെടുത്തു അവർ പാഠം പഠിക്കാതെ അവർ പാഠം പഠിച്ചു മോഹൻ ചായ കുടിക്കാതെ ഇരുന്നില്ല മോഹൻ ചായ കുടിച്ചു ഇതൊക്കെ ലിസ്റ്റിൽ എഴുതാതെ ഇതൊക്കെ ലിസ്റ്റിൽ എഴുതി മോഡൽ ത്രീ അദ്ദേഹം കാര്യം അറിയാതെ ഇരിക്കുന്നില്ല അദ്ദേഹം കാര്യം അറിയുന്നു നൗ ഫോളോ ദ മോഡൽ പണം കിട്ടാതെ ചെരിപ്പ് ഇടാതെ ഇരിക്കുന്നില്ല ഹോട്ടലിൽ തങ്ങാതെ ഇരിക്കുന്നില്ല ിൽ തങ്ങുന്നുണ്ട് പിരിക്കാതെ ഇരിക്കുന്നില്ല ഫണ്ട് പിരിക്കുന്നു വാടക കൂടാതെ ഇരിക്കുന്നില്ല മോഡൽ ഫോർ ഇവിടെ വരാതെ പോയില്ല ഇവിടെ വന്നിട്ടു പോയി നൗ ഫോളോ ദോഡൽ കാര്യം പറയാതെ തന്നില്ല കാര്യം പറഞ്ഞിട്ട് തന്നു അമ്മയെ വിളിക്കാതെ ഉണ്ടില്ല അമ്മയെ വിളിച്ചിട്ടുണ്ടു പഠിക്കാതെ സ്കൂളിൽ പോയില്ല പഠിച്ചിട്ട് സ്കൂളിൽ പോയി കുളിക്കാതെ പലഹാരം കഴിക്കില്ല കുളിച്ചിട്ട് പലഹാരം കഴിച്ചു പണം കൊടുക്കാതെ വാങ്ങിയില്ല പണം കൊടുത്തിട്ട് വാങ്ങി കുളിച്ച ഡ്രിൽ മോഡൽ മുഖം കഴുകാതെ കാപ്പി കുടിച്ചു മോഡൽ പടം വരയ്ക്കാതെ സമ്മാനം പടം വരയ്ക്കുന്നില്ല സമ്മാനം വാങ്ങുന്നു പണം എടുക്കാതെ മാർക്കറ്റിൽ പോയി പണം എടുത്തില്ല മാർക്കറ്റിൽ പോയി ശമ്പളം കിട്ടാതെ വീട്ടിൽ പോയി ശമ്പളം കിട്ടിയില്ല വീട്ടിൽ പോയി കട്ടിലിൽ കിടക്കാതെ നന്നായി ഉറങ്ങുന്നു കട്ടിലിൽ കിടക്കുന്നില്ല നന്നായി ഉറങ്ങുന്നു പലഹാരം തിന്നാതെ കാപ്പി കുടിക്കും പലഹാരം തിന്നില്ല കാപ്പി കുടിക്കും കോമ്പിനേഷൻ ഡ്രിൽ മോഡൽ പോയി പോയി മോഹനൻ പാഠം പഠിച്ചില്ല മോഹനൻ ക്ലാസ്സിൽ വന്നു മോഹനൻ പാഠം പഠിക്കാതെ ക്ലാസിൽ വന്നു സരള സാരി വാങ്ങിക്കുന്നില്ല സരള സിറ്റിയിൽ നിന്ന് വരുന്നു സരള സാരി വാങ്ങിക്കാതെ സിറ്റിയിൽ നിന്ന് വരുന്നു സിഗരറ്റ് വലിച്ചില്ല അദ്ദേഹം വിഷമിച്ചു സിഗരറ്റ് വലിക്കാതെ അദ്ദേഹം വിഷമിച്ചു ഊണ് കഴിക്കുന്നില്ല അവൾക്ക് തലവേദന വരുന്നു ൂണ് കഴിക്കാതെ അവൾക്ക് തലവേദന വരുന്നു ആരെയും പോകും ആരെയും കാണാതെ അദ്ദേഹം പെട്ടെന്ന് പോകും